നിത്യകർമാനുഷ്ഠാനം ധർമ്മോപഹാരം നിത്യകർമാനുഷ്ഠാനം കൊണ്ടെന്ത് വരുന്നു പുണ്യം ഉണ്ടാകുന്നു തഥാ പാത്മാവർത്തതേ പുണ്യം ഉണ്ടായി കഴിഞ്ഞാ എന്ത് ചെയ്യുന്നു പാപം നശിക്കുന്നു സാധാരണ ഉള്ള കാര്യങ്ങൾ സഹി അനിത്യ അശുചി ദുഃഖരൂപ സംസാരേ നിത്യശുചി സുഖ്യാതി ലക്ഷണേന വിപര്യാസേന വിപര്യം എന്താണെന്ന് പറയുന്നു വിപര്യം എന്ന് പറയുന്നത് അനിത്യവും അശുചിയും ദുഃഖവുമായിരിക്കുന്ന സംസാരത്തിൽ അതിനെ നിത്യവും ശുചിയും സുഖവുമാണെന്നുള്ള വിഖ്യാതി എന്ന് വെച്ചാൽ അതുകൊണ്ട് എന്തെയ്യുന്നു അധ അനന്തരം പാപനിവർത്തു നയ നിത്യപകർമ്മ അനുഷ്ഠാനം കൊണ്ട് പുണ്യം വർദ്ധിച്ച് പാപം നിവർത്തിക്കുമ്പോ പ്രത്യക്ഷ ഉപപത്തിനെ പ്രത്യക്ഷത്തിന്റെയും ഉപപത്തിയുടെയും ദ്വാരം ഗേറ്റ് അത് അപാവറിനെ തുറക്കുമ്പോൾ എന്തൊക്കെ അതായത് പ്രത്യക്ഷവും ഉപത്തിയൊക്കെ പ്രവർത്തിക്കേണ്ടത് യുക്തിയൊക്കെ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ അന്ധകരണത്തിലാണ് ആ അപ്പോ അതിന്റെ അത് ഈ പാപം കൊണ്ട് അടഞ്ഞിരിക്കാണ് ഇപ്പോ ചിത്ത ശുദ്ധമാകുമ്പോൾ എന്ത് ചെയ്യുന്നു സാത്വികമാകുമ്പോൾ ആ വാതിൽ തുറക്കും ചിത്തത്തിലെ പാപമാകുന്ന കവാടം തുറക്കുന്നു എന്തുകൊണ്ട് ശുദ്ധിയുണ്ട് ചിത്രശുദ്ധി വരുന്നു തുറക്കുമ്പോ സാഹിത്യ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ് സതി പ്രത്യക്ഷോധിപ്പ് അപ്പൊ എന്ത് വരുന്നു പ്രത്യക്ഷ പ്രമാണോ യുക്തി ഉപയോഗിച്ചിട്ട് സംസാരസ്യഅ അനിത്യ അശുചി ദുഃഖരൂപത അപ്രത്യവും ബുദ്ധി ഈ സംസാരം അത് പ്രത്യക്ഷമായി ഈ ലോകത്തിലുള്ളതെല്ലാം എന്താണ് അനിത്യമാണ് അശുചിയാണ് ദുഃഖമാണെന്ന് ഒരു തടസ്സം കൂടാതെ അറിയുന്നു പിന്നെ ഉപകൃതി യുക്തി പ്രത്യക്ഷം മാത്രമല്ല പരലോകത്തിലെ പരലോക സംസാരം സ്വർഗം പോലുള്ള സംസാരങ്ങളും അതും അനിത്യം അശുചി ദുഃഖം എന്ന് അപ്പുറത്തേക്ക് ഒരു തടസ്സവും കൂടാതെ അറിയുന്നു അപ്പം ഇവിടെ ഈ പ്രത്യക്ഷം ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള പ്രധാനമായിട്ടിപ്പോൾ അശുചി ശരീരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരീരം അശുചമാണ് പ്രത്യക്ഷമായി തന്നെ അറിയും എത്ര വൃത്തിയാക്കിയാലും അത് ശുദ്ധമാകുന്നില്ല അപ്പം ശരീരത്തോടുള്ള ആസക്തി സ്വന്തം ശരീരത്തോടുള്ള ആസക്തി അന്യ ശരീരത്തോടുള്ള ആസക്തി അതൊക്കെ ഇല്ലാതും പിന്നെ അതുപോലെ ഓരോരോ താണ്ടിത്യമാണെന്നുള്ള ആധാരണ പിന്നെ ഇത് ദുഃഖമാണ് ഇതെല്ലാം അസുഖമാണെന്ന് കരുതുന്നു അല്ലെങ്കിൽ ദുഃഖമാണെന്ന് അറിയുന്നു കാരണം സംസാരത്തിൽ വിരക്തി ഉണ്ടാവണം ആ വിരക്തി ഈ സംസാരത്തിൽ പ്രത്യക്ഷമായിട്ട് തന്നെ ഒരാൾക്ക് മനസ്സിലാക്കാൻ ഇതെല്ലാം പരലോകത്തിലോ അത് യുക്തി ഉണ്ട് മനസ്സിലാക്കണം പരലോകം ഉണ്ടെന്ന് പറയുന്ന യുക്തി കൊണ്ട് തന്നെ എന്താണ് പരലോകം അനിത്യം എന്നറിയുന്നതും യുക്തി കൊണ്ട് തന്നെ അപ്പൊ ഈ ുക്തിവാദത്തിൽ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് പരലോകമെന്ന് പറയുന്നത് യുക്തി കൊണ്ട് തന്നെ അവർ സമർത്ഥിക്കുന്നു പിന്നെ പറയുന്ന അനിത്യമാണെന്നും അതിനൊക്കെ ഉപയോഗിക്കുന്ന എന്താണ് യുക്തിയാണ് അപ്പൊ ഇല്ലാത്ത പരലോകത്തെ വ്യക്തി കൊണ്ട് പറയുക പിന്നെ അതനിത്യം എന്ന് പറയുക അശുദ്ധിയാണെന്ന് പറയുക ദുഃഖം എന്ന് പറയുക യുക്തി മനുഷ്യ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും യുക്തി വേണ്ടാന്നുള്ളതല്ല മനുഷ്യ എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ചിരിക്കും തത്വസ്യ അസ്മിൻ അനഭിരുതി സജ്ഞം വൈരാഗ്യോപചായി അങ്ങനെ എന്താണ് ഇതൊക്കെ ആനിത്യമാണെന്ന് മറ്റും അറിഞ്ഞു കഴിഞ്ഞാൽ അനഭിരുതി അഭിരതി എന്ന് വെച്ചാൽ അതിയായ പരിധി ആനന്ദം അതില്ലാതിരിക്കുക എന്ന് വെച്ചാൽ പല വൈരാഗ്യം വശീകരണ പറയുന്ന ആ സഖ്യം ഉണ്ടാകും ഇതിനൊന്നും താല്പര്യം ഇല്ലാതെ പരലോകത്തിലോ ഉള്ള സുഖങ്ങളിൽ താല്പര്യം ഉണ്ടാകുന്നു അതിന് ഇഹാമുത്ര ഫലഭോഗ അത് തന്നെ പിന്നീട തഥതിഹാസ അപ്പൊ ഇതൊക്കെ ഉപേക്ഷിക്കണം ആത്മിച്ഛാതിഹാസം ഉണ്ടാകുന്നു തഥോഹാനോപായം അത് കഴിഞ്ഞ് എന്താണ് ഇതൊക്കെ ഉപേക്ഷിക്കാനുള്ള ഒരു വഴി അതിനുപോലെ ചിന്തിക്കുന്നു അത് പരിയേഷിച്ചതേ അതിനന്വേഷിക്കുന്നു ആലോചിക്കുന്നു അങ്ങനെ ചിന്തിക്കുമ്പോ പരിവേഷമാണ് അപ്പേദത്തിൽ എന്ന് മനസ്സിലാക്കുന്നു ഇതിനൊക്കെയുള്ള വഴി എന്താണ് ആത്മ തന്റെ ശരിയായ ജ്ഞാനമാണ് തത്വജ്ഞാനം ഇത് കേട്ടിട്ട് തജിജ്ഞാസതേ അതറിയാൻ ആഗ്രഹിക്കുന്നു തദാനന്തരം ശ്രവണാതിക്രമേണ തജ്ഞാനാദി അനന്തരം തന്നെ ശ്രവണം മനനം അറിയുന്നു അർത്ഥമാണ് ഇതുവരെ പറഞ്ഞു വലിയ ഒരിതാണ് എന്താണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു പിന്നെ പാപം നശിക്കുന്നു പുണ്യമുണ്ടാകുന്നു ഈ സംസാരത്തിൽ വൈരാഗ്യം ഉണ്ടാകുന്നു സംസാരത്തെ ഉപേക്ഷിക്കാൻ ഉണ്ടാകുന്നു ആ ഇതിഹാസം ഉണ്ടാകുമ്പോ അവിടെ സന്യാസവും വരും അപ്പൊ ഇവിടെ പറയുന്നത് തത്വജ്ഞാനമാണ് ഈ സംസാരത്തെ പറ്റി സന്യാസും പിന്നെ വിശദീകരിക്കും അങ്ങനെ സന്യാസത്തിലൂടെ തത്വജ്ഞാനത്തിലൂടെ ആരാധ ഉപകാരകത്വം തത്വജ്ഞാനഉപാദം പ്രതി അതുകൊണ്ട് ആരാധ ഉപകാരകം പരമ്പരാ ഉപകാരമാണ് പരമ്പരയ ഉപകാരപ്പെടുന്നുണ്ട് കർമ്മങ്ങളെല്ലാം എന്തിന് തത്വജ്ഞാനഉാദം പ്രതിച്ച തത്വജ്ഞാനം ജനിക്കുന്നതിന് തത്വജ്ഞാനം ഉണ്ടാകുന്നതിന് കർമ്മങ്ങളെല്ലാം പരമ്പരയാച്ചാ പുണ്യം ഉണ്ടാക്കി പാവത്തെ നശിപ്പിച്ച് ചിത്തശുദ്ധിയുണ്ടാക്കി വൈരാഗ്യുണ്ടാക്കി ത്യാഗം ഉണ്ടായി ശ്രവണാദികൾ ചെയ്ത് എല്ലാത്തിനും കാരണമായ എന്ത് കർമ്മങ്ങൾ അതാണ് ആരാധ ഉപകാരകത്വം പരമ്പരയെ ഉപകരിക്കുന്നു തത്വാനം പറഞ്ഞ കർമ്മങ്ങൾ യുക്തം ചിത്ത സത്വശുദ്ധിയ കർമ്മണം ആരാധ ഉപകാരകത്വ യുക്തം ചിത്തസത്വശുദ്ധിയിലൂടെ ചിത്തസത്വത്തിന്റെ ശുദ്ധിയിലൂടെ കർമ്മങ്ങൾക്കെല്ലാം ആരാധ ഉപകാരകത്വം പരമ്പരയാപകാരകത്വം വ്യക്തമാണ് ശരിയാണ് അപ്പൊ ഇത്രയും ചർച്ച ചെയ്തത് ദീർഘമായ ചർച്ച നടത്തിയതിനു വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇവിടെ ഇനിയിപ്പോ സന്യാസത്തെ കൊണ്ടുവരുന്നത് ഇതിഹാസോപാവർത്തത എന്ന് പറഞ്ഞല്ലോ അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് ഇതേ അർത്ഥത്തെ തന്നെയാണ് ഭഗവത്ഗീതയും പറയുന്നത് എന്താ ഭഗവത്ഗീത പറയുന്നത് യോഗം ക്രമകാരണം യോഗം ആരൊരു ധ്യാനയോഗത്തെ കുറിച്ച് പറയേണ്ടത് യോഗത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന യോഗിക്ക് കർമ്മ കാരണം കർമ്മം കർമ്മയോഗം കാരണമാണ് എന്ന് പറഞ്ഞാൽ കർമ്മയോഗം ചെന്ന് ചെയ്ത് ചിത്രശുദ്ധി വന്നവന് മാത്രമേ യോഗത്തിലേക്ക് പ്രവേശിക്കാൻ ചിത്രശുദ്ധി ഇല്ലാതെ യോഗം ചെയ്യാൻ പറ്റത്തില്ല ൂഢ യോഗത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ കയറിയവനാണ് ലോകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെന്താ വേണ്ടത് തസ്ക്കാരണം ഉച്ച സന്യാസമാണ് കർമ്മത്യാഗമാണ് മനസിലായോ കർമ്മയോഗം ചിത്തശുദ്ധി കർമ്മത്യാഗം അപ്പൊ അവിടെ കർമ്മത്യാഗത്തെയാണ് സന്യാസികൾ സ്മൃതികൾ പറയുന്നത് എന്താണ് മുഖജാനാം അയം ധർമ്മോ യഷ്ണു ലിംഗധാരണം യദ്ധാരണം വിഷ്ണുലിംഗം എന്ന് പറയുന്നത് എന്താണ് കാവി കമണ്ടലും രുദ്രാക്ഷം ഭസ്മത് പുറി ഇതൊക്കെയാണ് എന്ത് വിഷ്ണുലിംഗം എന്നുവെച്ചാ ഇതരെയൊക്കെ ധരിച്ചിരിക്കുന്നവൻ സാക്ഷാത് ആര് തന്നെ വിഷ്ണു തന്നെ അതിന്റെ അടയാളമാണ് ഇതൊക്കെ ഈ നിലവിനൊക്കെ കണ്ടുകഴിഞ്ഞാൽ എന്തു ചെയ്യണം വിഷ്ണു ആയിട്ട് മനസ്സിലായി അതുകൊണ്ടാണ് ഇതിനെ വിഷ്ണു ലിംഗങ്ങളെന്ന് പറയുന്നത് എന്റെ അകത്തിരിക്കുന്ന വിഷ്ണു ആണ് വന്യക്ക് ലിംഗമായിരിക്കുന്ന എന്താണ് അഗ്നിക്ക് ധൂമം അഗ്നിയുടെ ലിംഗമാണ് ധൂമം അടയാളം നിർത്തും അതുപോലെ ഈ വേഷത്തിലൊക്കെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണു ഇത് വിഷ്ണുവിന്റെ അടയാളമാണ് ഇയാൾ സ്വയം ിംഗധാരണം എന്ന് പറയുന്ന ഈ ധർമ്മം സന്യാസം മുഖജനെന്ന് പറഞ്ഞു ബ്രാഹ്മണോസി മുഖമാസി ൂദ്രോ അജായെന്ന് പറഞ്ഞ ശ്രുതി പ്രമാണമാണ് മുഖജന എന്ന് പറഞ്ഞാരാണ് ബ്രാഹ്മണൻ അപ്പൊ ഈ വേഷം ധരിച്ചു നടക്കുന്നതിന് ആർക്കേ അവകാശം ഉള്ളു ബ്രാഹ്മണനെ മനസിലായ ശൂദ്രന്മാരും ദളിതന്മാരും ഒന്നും ഇതൊന്നും എടുത്ത് അണിയാൻ പാടില്ല അതാണ് മുഖാമോ യുഷ്ണോ ലിംഗധാരണം ബാഹുജാത ഊരുജാതന്യം ധർമ്മോ പ്രശസ്യത്തെ ബാഹുജാത ഊരുജാത കൈകളിൽ നിന്നുണ്ടായന്റക്കെട്ടിൽ നിന്നുണ്ടായവൻ ബാഹുജാത ഊരുജാത ന്യായം ധർമ്മവും പ്രശസ്ത ഈ ധർമ്മം ഒരിക്കലും ശരിയാവത്തില്ല ഏ ധർമ്മം സന്യാസം എന്താണ് സ്മൃതികളെ എഴുതി വച്ചിരിക്കുന്നത് ഇതൊന്നും അറിയാതെയാണ് ഓരോരുത്തന്മാരും ഈ വേഷം കെട്ടി കിടക്കുന്നത് ഏഹ് സ്മൃതിക്ക് പ്രമാണശ്രുതിയാണ് എന്തുകൊണ്ട് ബ്രാഹ്മണോസി മുഖമാസിയത് ഉത്തമാങ്കമാണ് ശിരസ് അതിൽ നിന്നും വന്നവനാണ് ബ്രാഹ്മണൻ വിരാട് പുരുഷന്റെ ആ മുഖത്തിൽ നിന്ന് വന്നവനാണ് ബ്രാഹ്മണൻ അവൻ ശരിക്കും മുഖം തന്നെ ജനിച്ചു എന്നു തന്നെ പറയും ഈ ബ്രാഹ്മണനെ കണ്ടു കഴിഞ്ഞാൽ അവനെ എന്തായി കണക്കാക്കണം വിരാട് പുരുഷൻ വിരാട് പുരുഷൻ ബ്രഹ്മത്തിന്റെ മുഖമായി കാണണം ആസീതെന്നാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മത്തിന്റെ ആസീതെന്നാ പറയുന്നു മുഖമായി തീർന്നാണ് ബ്രാഹ്മണൻ തുടക്കത്തിൽ സൃഷ്ടി ആരംഭിക്കുന്നെങ്ങനെയാണ് പക്ഷെ പിറ്റീട് ബാഹുവിന്റെ കൈകളിൽ നിന്ന് എന്ത് ചെയ്തു ക്ഷത്രിമാരെ അക്കൃത ഉണ്ടാക്കിയെന്നാണ് അവിടെ അവരെയൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യിച്ചു മറ്റേത് ശരിക്കും ബ്രാഹ്മണൻ ആ ഈശ്വരൻ തന്നെയാണ് യവന്റെയൊക്കെ ഗ്രേഡ് ഇങ്ങനെ തവട്ട് തവട്ട് താഴ്ന്നു വരും പിന്നെ ആസനം ഒക്കെ ഈ ഭാഗം കൊണ്ടാണ് അവിടെ നിന്നാണ് ആരുണ്ടായത് കുറച്ച് ആസനത്തിൽ നിന്നൊക്കെ ഉണ്ടാകാൻ പോകുന്നു പിന്നെ പദ്ശ്രോ ശൂദ്രനെന്ത് ചെയ്തു അഴിക്കുന്നു അവിടെ ഇവിടെ ഒക്കെ ചവിട്ടുന്ന ഈ കാലിൽ നിന്നാണ് എന്തുണ്ടായത് ശൂദ്രന്ന് പറഞ്ഞുകഴിഞ്ഞ ഏറ്റവും ശ്രേഷ്ഠം ബ്രാഹ്മണെന്ന് കാണിക്കാനാണ് മുഖത്തും ഇന്ന് ശൂദ്ര വ്യാഖ്യാനങ്ങളല്ല ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് എല്ലാത്തിനും അത് ജോലികളുണ്ട് അതുകൊണ്ട് കാലിൽ നിന്നുണ്ടായിരുന്നു പറഞ്ഞു ഒരിക്കലും ശൂദ്ര മോശമാക്കാൻ അല്ല എന്ന് പറയും ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും തുല്യ പ്രാധാന്യം ഉണ്ടെങ്കിൽ ഒരാളെ കാല് മുറിച്ചാലും തല മുറിച്ചാലും ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുമോ കാരു മുറിച്ചാലോ ജീവിച്ചിരിക്കുക അപ്പൊ തുല്യ തുല്യപ്രാധാന്യം ഇങ്ങനെയാ അവയവങ്ങൾ ശൂദ്രവ്യാണ് അങ്ങനെയാ പറയുന്നത് കാലും തലയൊന്നും ഒരു വ്യത്യാസമില്ല ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും ഇതിന്റെ പ്രാധാന്യമാണ് അതുകൊണ്ട് അത് മോശമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷെ ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന എന്താണ് മുഖജാനാം അയം ധർമ്മോ വിഷ്ണവോ ലിംഗധാരണും ബഹുജാത ഊരു ജാത ന്യായം ധർമ്മോ പ്രശസ്തി മനസ്സിലായോ പറയുന്നത് അപ്പൊ സന്യാസം വരുമ്പോൾ അതുകൂടെ വരും അതുകൊണ്ടിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ബ്രാഹ്മണന്റെ സന്യാസത്തെ കുറിച്ചാണ് പറയുന്നു പിന്നെ ചില സ്മൃതികളിലൊക്കെ പറയുന്നുണ്ട് വേണ്ടി വന്നാൽ ക്ഷത്രിയനും പൈസനും ആകാംന്ന് പറയുന്നുണ്ട് ഇനി വേറെ ചില സ്ഥലത്ത് പറയുന്നു ഇനി വേണ്ടി വന്നാൽ ശൂദ്ദനും ആകാംന്ന് പറയുന്ന ഭാഗങ്ങളും ഉണ്ടില്ലാതെ ഇല്ല മഹാഭാരതത്തിന് മഹാഭാരത വളരെ പ്രത്യേക സന്ദർഭങ്ങൾ മരിക്കാൻ നേരത്തൊക്കെ ആതുരസന്യാസം ഒക്കെ സ്വീകരിക്കുമ്പോഴത്തേക്കും അവന് ശൂദ്രന് വേണമെങ്കിലും അവനടുത്ത് മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിക്കാൻ പാടില്ല സന്യാസി മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തു ചെയ്യാം അപ്പൊ അവന് പ്രേക്ഷ മന്ത്രം ഒക്കെ ഉച്ചരിച്ച് അവന് സന്യാസം കൊടുക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഭീഷ്മർക്ക് അങ്ങനെ വരം കിട്ടിയല്ലേ അറിയത്തില്ലേ കഥ കഥയില്ലേ ആർക്കെങ്കിലും സരിസൈക്കി കിടക്കാൻ പറ്റും ബ്ലഡ് വാർന്നു ചത്തുപോകത്തില്ലേ ബ്ലഡ് ഒഴുന്ന് പോയി ആരെങ്കിലും കിടക്കും കഥകളല്ലേ അതറിയ കഥയായിട്ട് ീയർമുദ്ധസം നിഷ്പ വൈരാഗ്യ ൃതം തർമാനുഷ്ഠാന ശൂദ്രന്മാർക്കൊക്കെ ഒരു ചെറിയ വഴി കൊടുക്കുന്നത് രക്ഷപ്പെടുക ഇതിനകത്ത് കയറിപ്പെട്ട ശുദ്രന്മാർ ഇതിനകത്ത് ഒരവസരം കൊടുക്കുകയാണ് ഈ സന്യാസം ബ്രഹ്മജ്ഞാനം ഇതിനകത്ത് ഏവഞ്ചാ അനുഷ്ഠിത കർമ്മമാവീ ഒരാൾ കർമ്മമൊന്നും ചെയ്തില്ല നേരെ പറയുന്ന നിത്യകർമ്മങ്ങളെല്ലാം ചെയ്ത് പുണ്യം വർധിക്കണമെന്ന് ഈ അയാൾ ജനിച്ച് ഒരു കർമ്മവും ചെയ്തില്ല അനുഷ്ഠിത കർമ്മമാണ് പ്രാഗ്ഭവീയ കർമ്മ പൂർവ്വജന്മത്തിൽ ഉള്ള കർമ്മമാണ് അയാൾക്ക് യോഗ്യത വരാമെന്നാണ് പറയുന്നത് അവനുള്ളവർക്കും അന്ധകരണശുദ്ധി ഉണ്ടാകാം പൂർവ്വജന്മത്തിലെ കർമ്മം കൊണ്ട് അവനെന്ത്സാര അസാരതാ ദർശന കുട്ടിക്കാലത്ത് തന്നെ അവർ സംസാരം അസാരമാണെന്ന് തോന്നുന്നു സംസാരത്തോട് വിരക്തി ഉണ്ടാവും അസാരതാ ദർശനം അറിവ് അതുകൊണ്ട് നിഷ്പന്ന വൈരാഗ്യാണ് വൈരാഗ്യം ഉണ്ടാകുന്നു വേദം പഠിച്ചില്ല കർമ്മങ്ങളൊന്നും അനുഷ്ഠിച്ചില്ല ജനിച്ചു വന്നപ്പോ തന്നെ എന്തുവരുന്നു അത് വൈരാഗ്യം ഉണ്ടാകുന്നു ഉപയോഗിയായിരിക്കുന്ന കർമാനുഷ്ഠാനം കൊണ്ട് തസ്യകൃതം അയാൾക്ക് പ്രയോജനമൊന്നുമില്ല എന്തുകൊണ്ട് പൂർവ്വജന്മത്തിലെ കർമാനുഷ്ഠാനം കൊണ്ട് ചിത്രശുദ്ധിയുണ്ടെങ്കിൽ ഈ ജന്മത്തിലെ അയാള് കർമ്മങ്ങളൊന്നും അനുഷ്ഠിച്ചില്ലെങ്കിലും വൈരാഗ്യത്തിന് കാരണമായിരുന്ന കർമാനുഷ്ഠാനം സസ്യകൃതമായ പ്രയോജനമൊന്നുമില്ല പ്രാഗ്ഭവീയ കർമാനുഷ്ഠാന പൂർവ്വജന്മത്തിലുണ്ടായ കർമാനുഷ്ഠാനം കൊണ്ട് തന്നെ സിൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന വെച്ചാൽ അവന് ചിത്തശുദ്ധിയുണ്ടാകും വൈരാഗ്യം ഉണ്ടാകും സന്യാസമുണ്ടാകും ശ്രവണാദികൾ സംഭവിക്കും തത്വജ്ഞാന സംഭവിക്കും ഇത്രയും സംഭവിക്കും ഇപ്പൊ ഈ ജന്മത്തിലൊരാള് കർമ്മം ചെയ്യണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബ്രാഹ്മണനായി ജനിക്കണമെന്നില്ലല്ലോ ഡ്രൈവർണികാരം ജനിക്കണമെന്നെല്ലോ തന്നെ ദളിതുകൾക്ക് എല്ലാം എന്ത് വരാം ഇതെല്ലാം ശ്രദ്ധിക്കാം ശ്രദ്ധിച്ചുകൂടി ഏഹ് പുനജന്മ സംസ്കൃതമായി ദളിതർക്കും എല്ലാം ഉണ്ടാകും ചെണ്ടാളും എല്ലാം ഉണ്ടാകും ഉണ്ടാകാമോ ഏതോ എന്തുകൊണ്ട് പൂർവജന്മത്തിൽ ചെയ്തവനാണെങ്കിൽ അവൻ ഈ ജന്മത്തിൽ ബ്രാഹ്മണനായിരിക്കും ഭഗവാൻ എന്ന് പറയുന്നു ക്ഷിപാമ്യ അജസ്രം ആസുരീഷുഷു പുള്ളരദാത്തവന്മാരെയൊക്കെ ഞാൻ എന്ത് ചെയ്യും ആസുര യോനികളിൽ ജനിപ്പിക്കുക ഈ ചണ്ടാളന്മാരും ശൂദ്രന്മാരും ദരകന്മാരുമായിട്ടൊക്കെ ആസുരയും യോനിയാം ആപന്നൂടാ ജന്മരി ജന്മ മാം അപ്രാപ്യവകൗന്ദ ഇത്തരമുള്ള ആസുര ജന്മങ്ങളിൽ ജനിച്ചവന്മാര് മൂടന്മാര് വെറും കിഴങ്ങന്മാര് ജന്മനി ജന്മനി അനേക ജന്മങ്ങളിൽ മാം അപ്രാപ്യ വകുന്ത എല്ലാം അവർ ഒരിക്കലും പ്രാപിക്കത്തേല്ലാം തീരുന്നു അധം അധമ ഗരിയെ പ്രാപിക്കും അപ്പോ കൃത്യമായി പറഞ്ഞാൽ ഓ ബി സി എസ്സി എസ് ടി എല്ലാം അങ്ങനെയാണ് അവർക്ക് അതേ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യം ശാസ്ത്രത്തിൽ പറയുന്ന കാര്യം പറയണു ശാസ്ത്രമാണ് കൂടെ കഴിക്കാൻ നാട്ടുകടപ്പല്ല ശാസ്ത്ര പറയുന്നത് അത് ഈ ശൂദ്രന്മാരൊന്നും എനിക്ക് തോന്നിയ ശാസ്ത്ര അങ്ങനെയാണ് ബ്രാഹ്മണന്മാർ ആദ്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നവരായിരിക്കണ്ടേ അവർക്കൊക്കെ ഈ സമയത്ത് സന്യാസം എടുക്കണമെങ്കിൽ ഇവർക്ക് എടുക്കും അവര് ഇതുപോലെ വന്നവരായിരിക്കത്തില്ലേ പല ജന്മങ്ങൾ കൊന്നും ആ അങ്ങനെ അവര് യാസുര ജന്മങ്ങളിൽ പ്രവർത്തിക്കത്തില്ല പാപ ജോലികളിൽ പ്രവർത്തിക്കത്തില്ല ജനിക്കത്തില്ല അവരെല്ലാം എന്തു ചെയ്യും നല്ല ജോലികളിൽ ജനിക്കും എന്നുവെച്ചാൽ ബ്രാഹ്മണ ജന്മം കിട്ടും അവർക്ക് ബാക്കിയൊക്കെ ആസുര ജന്മങ്ങളാണ് ഇതിനൊക്കെ കർമ്മം എന്നു വെച്ചാൽ ജന്മം ജന്മം കൊണ്ടാണ് സംഭവം അവർക്ക് അധികാരമില്ലെന്നും അധികാരം വേണ്ടി അനധികാരണ കല്പതെ അധികാരി അല്ലാത്തവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവലം ഉണ്ടാകത്തില്ല അവന്വേഷിച്ചു വിചാരിച്ചവന് ഒരു ഗുണവും ഉണ്ടാകത്തില്ല ജന്മനോ ജായതേ സൂത്ര അങ്ങനെ പറയും ജനിക്കുന്നവരെല്ലാം എന്താണ് ശൂദ്രന്മാരായിട്ട് ജനിക്കും കർമ്മണ ജായത് ആ പറയുന്ന എന്താണ് ആ പറയുന്നതുകൊണ്ട് ഇതിന്നും വ്യത്യാസമൊന്നുമില്ല ജന്മനാ ജായത് ശൂദരെന്നു വെച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യർ ഇവർ മൂന്നുപേര് ജനിച്ചുകഴിഞ്ഞാൽ മൂന്നുപേർ ദ്വിജനാവണമെന്ന് ചോദിച്ചാൽ ഉപനയനം ചെയ്ത് ദ്ജന്മാരാകണോ എന്നാണ് അതാണ് അതിന്റെ അർത്ഥം ബാക്കിയുള്ളവരെ കുറിച്ചല്ല പറയും ശൂദ്രൻ എന്നുവെച്ചാൽ ഉപനയനം ചെയ്യാത്തവര് മനുഷ്യനായ കാരണം ബ്രാഹ്മണൻ ക്ഷത്രിയും മേശ വഴിയോ ശൂദ്രൻ ഉപനയനം ചെയ്യുന്നില്ല ബ്രാഹ്മണൻ ക്ഷത്രിയും മേയ്ശും മൂന്ന് പേരാണ് ദ്വിജന്മാർ എന്ന് വെച്ചാൽ രണ്ടു ജന്മമുണ്ട് ഒന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ ജയിക്കുന്നു പിന്നെ ഉപാധ്യായൻ അവരെ ഉപനയനം ജയിക്കുന്നു അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത് ജന്മനാ എല്ലാവരും ശൂദ്രന്മാരായി ജനിക്കുന്നെച്ച എല്ലാ എസ് സി എസ് ടി എല്ലാത്തിനും കൂടെ ചേർത്ത് പറഞ്ഞല്ലേ അർത്ഥം ഞാൻ പറയുന്നേ ഞാൻ ഈ പറയുന്നത് അർത്ഥം അല്ലേന്ന് ഈ പറയുന്ന ഞാൻ അർത്ഥമല്ലേ പറയുന്നത് ആ പിന്നെ ഒഴിച്ച് നിർത്തിയിട്ട് മൂന്നുപേർക്ക് ഉപനയനം ചെയ്യാൻ പറ്റൂ ഡിജന ഉപനയനം ചെയ്യുന്നവരാണെന്ന് പറയുന്നത് ിജൻ രണ്ടാമ ആ ജന്മം കൊണ്ട് അല്ല ദ്വിജൻ എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണോ ആ അപ്പൊ ആർക്കാണോ കർമ്മം കൊണ്ട് ദ്വിജനാകാൻ പറ്റിയവര് അവരും ജനിക്കുമ്പോ ശൂദ്രനായിട്ടാണ് ജനിക്കുന്നതെന്നാണ് പക്ഷെ കർമ്മം കൊണ്ട് ദ്വിജനാകാൻ ആർക്കേ വിധിയുള്ളു അത് വിധിയനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് ചെയ്യാവുക മുർഗെന്നുമായിരുന്നു ചെറിയ അഭിപ്രായമെന്നും പറഞ്ഞോളിയത് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് എന്താണ് മൂന്ന് കൂട്ടരാണ് ദിജന്മാര് അത് അടുത്ത വരികൂടെ പഠിക്കണം അല്ല ജന്മനാ ജായതയെ ശൂത്ര എന്ന് പറഞ്ഞോണ്ടിരുന്ന പോരാ കർമ്മണാ ജായതെ ദിജ എന്ന് പറയുന്ന അടുത്ത വരി പഠിക്കണം അതിനെന്താ പറയുന്നത് കർമ്മം കൊണ്ട് ദ്ജന്മാരാകുന്നെച്ച ഉപനയന കർമ്മം കൊണ്ട് ദ്ജന്മാരാകുന്നു എന്നാണ് ശൂത്രു വിധിച്ചിട്ടില്ല അതല്ലേ കുഴപ്പമാണ് ചാടിക്കുന്നു ഇപ്പൊ ഉപനയനം എന്ന് പറയുന്നത് ഒരാളെ ചെയ്യുന്നു എന്തുകൊണ്ടത് ചെയ്യുന്നു ഉപനയനം ചെയ്യുന്നു എന്തുകൊണ്ട് വിധിച്ചിരിക്കുന്നുണ്ട് അപ്പൊ അത് വിധിച്ചിരിക്കുന്നു ആർക്കാണോ വിധിച്ചിരിക്കുന്നത് അവരെ ചെയ്യാൻ പാടുള്ളു ഇപ്പൊ ത്രൈവർണീയന്മാർക്ക് എന്തുള്ള ഏഹ് ഈ ഒരു വരി വെച്ചുകൊണ്ടോ ഞങ്ങളെല്ലാരും ഒരു ഗ്രൂപ്പാണെന്ന് പറയരുത് അത് ശൂദ്ര വ്യാഖ്യാനം മനസ്സിലായോ ശൂദ്രന്മാരൊക്കെ പറഞ്ഞിട്ടാണ് രക്ഷപ്പെടുന്നത് ജന്മനാ അവയെല്ലാരും ശൂദ്രന്മാരും കർമ്മം കൊണ്ട് ജനാവുമ്പോ ഇവര് കർമ്മം എന്ന് വിചാരിച്ചാൽ ഇവര് വിചാരിച്ചിരിക്കുന്നത് എന്തോ പുണ്യകർമ്മങ്ങളുടെ ഒക്കെ കാര്യം പറയണെന്നാണ് പുണ്യകർമ്മങ്ങളുടെയെന്നും കാര്യമല്ല പറയുന്നത് പിന്നെ എന്ത് കാര്യം പറയുന്നത് ഉപനയനം പോലെയുള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നത് അത് ചെയ്ത് ദ്വനാവുന്ന കാര്യമാണ് പറയുന്നത് അന്ന് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല അവിടെ ചാടിക്കേറി ദുജനാകാനോ ഒന്നും വിചാരിക്കണ്ട അത് ഈ മൂന്ന് കൂട്ടർക്കേ ഉള്ളൂ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ അവര് ശുദ്ധന്മാരായി ജനിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് ഉപനയനം ഇല്ലാതെയാണ് അവര് ജനിക്കുന്നത് ജനിച്ചുകഴിഞ്ഞാൽ ഉപനയനം ചെയ്ത് അവരൊക്കെ ദുജന്മാരാകും ഇതൊക്കെ ശാസ്ത്രമനുസരിച്ച് മനസ്സിലാക്കും അത് ഗീതത്തിന് പറയും തസ്മാത് ശാസ്ത്രം പ്രമാണത്തെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണോ ശുപുരന്മാരുടെ പ്രഭാഷണം കേട്ട് മനസ്സിലാക്കിയപ്പോലെ ഇനി എവിടെയൊന്നും മനസ്സിലാക്കണം ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കണം അസമാധാനമായോ അല്ല എന്ത് ശ്രുതി പറഞ്ഞിരിക്കുന്നു ശ്രദ്ധയല്ലേ രീതി പറഞ്ഞിരിക്കുന്ന എന്താണ് ശുചീന നല്ല ആൾക്കാർക്ക് നല്ല എന്താണ് നല്ല കുടുംബങ്ങളിൽ പറക്കും കുലീന എന്ന് നല്ല ജാതികളിൽ പറക്കുന്നു മോശം പ്രവർത്തി ചെയ്യുന്നവരെല്ലാം എന്ത് ആസുര യോനികളിൽ പറവർക്കും മോശം ജന്മങ്ങളെപ്പറർക്കും മോശ ജന്മങ്ങൾ അവരാണ് അതും ഗീതയിൽ പറയുന്നുണ്ട് സ്ത്രീയോ വൈശ്യ തഥാശൂദ്ര അവരൊക്കെയാണ് സ്ത്രീകൾ വൈശ്യന്മാര് ശൂദ്രന്മാരൊക്കെ പാപയോനുകൾ ജയിക്ക ജനിക്കുന്നവരാണ് അവര്ക്ക് എന്താണോ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്ന കാര്യം അനുസരിച്ച് തീരുമാനിക്കുന്നു മനസ്സിലായോ അതെന്നു പറഞ്ഞാൽ ആസുനി ജോനി മാബന്ന മുടാ ജന്മനി ജന്മനിടെ പല ജന്മങ്ങളും ജനിച്ചാലും ശരി അപ്രാപ്തിയവന്മാർന്നു ഒരിക്കലും കാണത്തുകൂടിയില്ല അഥമഗതികളെ പ്രാപിക്കുന്നു ഇതൊക്കെ ജന്മം കൊണ്ടാണ് തീരുമാനിക്കുന്നത് അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഒരുത്തിനേത് അവനെന്ത് ജാതിയിലാണ് ജനിച്ചിരിക്കുന്നു അതനുസരിച്ചാണ് ബാക്കിയുള്ള അധികാരങ്ങളും അവകാശങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ വരുന്നെന്നാണ് പറയുന്നത് അതിന് ശ്രുതി പ്രമാണമായിട്ടാണ് അടുത്ത് കൂടെ പറഞ്ഞത് എന്താണോ ബാഹുജാതും ഈ ധർമ്മവും ഒരിക്കലും അവനൊന്നും ചേരുന്നല്ല മനസിലായ ഉം